അധ്യായം അൻപത്തിനാല് അൽ ഖമർ മക്കയിൽ അവതരിച്ചത് ഒന്നാമത്തെ സൂക്തത്തിൽ ചന്ദ്രൻ പിളർന്ന കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെടാൻ കാരണം ആ അന്ത്യസമയം അടുത്തു ചന്ദ്രൻ വിളരുകയും ചെയ്തു ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞു കളയുകയും ഇത് നിലനിന്നു വരുന്ന ജാലവിദ്യയാവുന്നു എന്ന് അവർ പറയുകയും ചെയ്യും അവർ നിഷേധിച്ചു തള്ളുകയും തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു ഏതൊരു കാര്യവും ഒരു നിശ്ചിത സ്ഥാനം പ്രാപിക്കുന്നതാകുന്നു ദൈവ നിഷേധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കാൻ പര്യാപ്തമായ കാര്യങ്ങളടങ്ങിയ ചില വൃത്താന്തങ്ങൾ തീർച്ചയായും അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ട് അതെ പരിപൂർണമായ വിജ്ഞാനം എന്നിട്ടും താക്കീതുകൾ പര്യാപ്തമാകുന്നില്ല യാൽ നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക അനിഷ്ടകരമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം ദൃഷ്ടികൾ താഴ്ന്നുപോയവരായ നിലയിൽ കബറുകളിൽ നിന്ന് നാലുപാടും ളെന്നോണം അവർ പുറപ്പെട്ടു വരും വിളിക്കുന്നവന്റെ അടുത്തേക്ക് അവർ ധൃതിപ്പെട്ടു ചെല്ലുന്നവരായിരിക്കും സത്യനിഷേധികൾ അന്ന് പറയും ഇതൊരു പ്രയാസകരമായ ദിവസമാകുന്നു അവർക്കു മുമ്പ് നോഹിൻ്റെ ജനതയും നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദാസനെ അവർ നിഷേധിച്ചു തള്ളുകയും ഭ്രാന്തൻ എന്നു പറയുകയും ചെയ്തു അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അതിനാൽ എന്റെ രക്ഷയ്ക്കായി നീ നടപടി സ്വീകരിക്കണമേ അപ്പോൾ കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു ഭൂമിയിൽ നാം ഉറവുകൾ പൊട്ടിക്കുകയും ചെയ്തു അങ്ങനെ നിർണയിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിനായി വെള്ളം പലകകളും ആണികളുമുള്ള ഒരു കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു നിഷേധിച്ചു തള്ളപ്പെട്ടിരുന്ന ദൈവദൂതനുള്ള പ്രതിഫലമത്രേ അത് തീർച്ചയായും ആ പ്രളയത്തെ നാം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതുകളും എങ്ങനെയായിരുന്നു എന്നു നോക്കുക തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ ആദ്യ സമുദായം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു എന്നിട്ട് എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക വിട്ടുമാറാത്ത ദുശകുലത്തിന്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് നാം അവരുടെ നേർക്ക് അയക്കുക തന്നെ ചെയ്തു കടപുഴകി വീഴുന്നടികളെന്നോണം അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കുവാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ സമൂത് സമുദായം താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒറ്റപ്പെട്ട ഒരുത്തനെ നാം പിന്തുടരുകയോ എങ്കിൽ നാം വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലും തന്നെയായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവനു പ്രത്യേകമായി ഉത്ബോധനം നൽകപ്പെട്ടു എന്നോ അല്ല അവൻ അഹങ്കാരിയായ ഒരു വ്യാജവാദിയാകുന്നു എന്നാൽ നാളെ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് അഹങ്കാരിയായ വ്യാജവാദിയെന്ന് അവരുടെ പ്രവാചകൻ സ്വാലഹിനോട് നാം പറഞ്ഞു തീർച്ചയായും അവർക്ക് ഒരു പരീക്ഷണമെന്ന നിലയിൽ നാം ഒട്ടകത്തെ അയക്കുകയാകുന്നു അതുകൊണ്ട് നീ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക വെള്ളം അവർക്കിടയിൽ അഥവാ അവർക്കും ഒട്ടകത്തിനുമിടയിൽ പങ്കുവെക്കപ്പെട്ടതാണ് എന്നു നീ അവർക്ക് വിവരം അറിയിക്കുകയും ചെയ്യുക ഓരോരുത്തരുടെയും ജലപാനത്തിനുള്ള ഊഴത്തിൽ അതിന് അവകാശപ്പെട്ടവർ ഹാജരാകേണ്ടതാണ് അപ്പോൾ അവർ അവരുടെ ചങ്ങാതിയെ വിളിച്ചു അങ്ങനെ അവൻ ആ കൃത്യം ഏറ്റെടുത്തു ആ ഒട്ടകത്തെ അറുകൊല ചെയ്തു അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക നാം അവരുടെ നേരെ ഒരു ഘോര ശബ്ദം അയക്കുക തന്നെ ചെയ്തു അപ്പോൾ അവർ ആല വളച്ചു കെട്ടുന്നവർ വിട്ടേച്ചുപോയ ചുള്ളി തുരുമ്പുകൾ പോലെയായി തീർന്നു തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കുവാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ ലോത്തിന്റെ ജനത താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു തീർച്ചയായും നാം അവരുടെ നേരെ ഒരു ചരൽക്കാറ്റ് അയച്ചു ലൂത്തിന്റെ കുടുംബം അതിൽ നിന്ന് ഒഴിവായിരുന്നു രാത്രിയുടെ അന്ത്യവേളയിൽ നാം അവരെ രക്ഷപ്പെടുത്തി നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമെന്ന നിലയിൽ അപ്രകാരമാകുന്നു നന്ദി കാണിച്ചവർക്ക് നാം പ്രതിഫലം നൽകുന്നത് നമ്മുടെ ശിക്ഷയെപ്പറ്റി ലോത്ത് അവർക്ക് താക്കീത് നൽകുകയുണ്ടായി അപ്പോൾ അവർ താക്കീതുകൾ സംശയിച്ച് തള്ളുകയാണ് ചെയ്തത് ലൂത്തിനോട് അദ്ദേഹത്തിൻ്റെ അതിഥികളെ ദുർവൃത്തിക്കായി വിട്ടുകൊടുക്കുവാനും അവർ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ അവരുടെ കണ്ണുകളെ നാം തുടച്ചുനീക്കി എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്ന് നാം അവരോട് പറഞ്ഞു അതിരാവിലെ അവർക്ക് സുസ്ഥിരമായ ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്തു എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്ന് നാം അവരോട് പറഞ്ഞു തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കുന്നതിന് ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ ഫിർആൌൺ കുടുംബത്തിനും താക്കീതുകൾ വന്നെത്തുകയുണ്ടായി അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അപ്പോൾ പ്രതാപിയും ശക്തനുമായ ഒരുത്തൻ പിടികൂടുന്ന നാം അവരെ പിടികൂടി ഹേ അറബികളെ നിങ്ങളുടെ കൂട്ടത്തിലെ സത്യനിഷേധികൾ അവരെക്കാളൊക്കെ ഉത്തമന്മാരാണോ അതല്ല വേദപ്രമാണങ്ങളിൽ നിങ്ങൾക്കു മാത്രം വല്ല ഒഴിവുമുണ്ടോ അതല്ല അവർ പറയുന്നുവോ ഞങ്ങൾ സംഘടിതരും സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ളവരുമാണ് എന്ന് എന്നാൽ വഴിയെ ആ സംഘം തോൽപ്പിക്കപ്പെടുന്നതാണ് അവർ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്യും തന്നെയുമല്ല ആ അന്ത്യസമയമാകുന്നു അവർക്കുള്ള നിശ്ചിത സന്ദർഭം ആ അന്ത്യസമയം ഏറ്റവും ആപൽക്കരവും അത്യന്തം കൈപ്പേറിയതുമാകുന്നു തീർച്ചയായും ആ കുറ്റവാളികൾ വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലുമാകുന്നു ുത്തിയയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക തീർച്ചയായും യും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു നമ്മുടെ കൽപ്പന ഒരൊറ്റ പ്രഖ്യാപനം മാത്രമാകുന്നു കണ്ണിന്റെ ഒരു ഇമവെട്ടൽ പോലെ ഹേത്യനിഷേധികളെ തീർച്ചയായും നിങ്ങളുടെ കക്ഷിക്കാരെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ അവർ പ്രവർത്തിച്ച ഏത് ചെറിയ കാര്യവും വലിയ കാര്യവും രേഖപ്പെടുത്തിവെക്കപ്പെടുന്നതാണ് തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിച്ചവർ ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ ശക്തനായ രാജാവിന്റെ അടുക്കൽ